इस से मदिरे पद भूतवदों विचार हेतु मान्य उत्पन्न होते हैं 다시 에뜻 सफलता प्राप्त होने मति कंधारन महल पे तुम कभी योग में भी पूरे वचन ഏതാനും വരികളെയുള്ളൂ എങ്കിലും ഇവിടെ രാമാനുചാര്യ തന്റെ ബുദ്ധിയും പാണ്ഡിത്വം എല്ലാം മുടക്കി വയ്ക്കാൻ ശരിക്കും എന്തുകൊണ്ട് ശങ്കരാചാര്യനോട് ഭണ്ണിക്കണം പക്ഷേ ഒന്നും പറയത്തില്ല ബഹ്മാനുജാചാര്യ ഓരോ ഭക്ഷ്യ ഭാഗത്തും ശങ്കരാചാര്യ ഖണ്ഡനം കാണാം പക്ഷെ അത് വായിച്ചോദ്യ മനസ്സിലാകും വായിച്ചോക്കിയാൽ മനസ്സിലാകുമെങ്കിൽ ശങ്കരാചാര്യം കഴിയുമ്പോൾ കൂടെ മനസ്സിലാക്കാം ഇവിടെ ഏനം എന്നർത്ഥം കുപ്തസ്വഭാവമാണെന്ന് പ്രതി കൂടെ അവർക്ക് വിടാം ഇതുവരെ പറഞ്ഞ് സ്വഭാവത്തോടുകൂടിയ ആത്മാവിനെ ആത്മാവിനെ കുറിച്ചാണല്ലോ മുമ്പെല്ലാം പറഞ്ഞത്മാവിനെ ഹന്താരന്താര എന്ന് പറയുന്നതിന് അർത്ഥം പറഞ്ഞതാണ് സംഗ്രാചര്യം കൊല്ലുന്നവനായി ആരുക അവിടെ സമ്പളാണ് നേരിട്ടുള്ള അർത്ഥമാണ് സമുദായത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവിടെ രാമായുയാൻ വളർന്ന അർത്ഥമെടുത്തു എന്താ അർത്ഥം കൊടുത്തു ഹനനഹേദമി രോമനീതി ഏതെങ്കിലും ഒരു ഹനന കാരണമായി ആരാണോ പറഞ്ഞത് എന്ന് പറഞ്ഞു ശങ്കരായാണ് ആത്മാവിനെ കൊല്ലുന്നവനായി കരുതാൻ പാടില്ല എന്താണ് കൊല്ലുന്നവൻ കടത്തിടത്തിൽ തിരിച്ചു പ്രത്യേകം ഹായും അതിന്റെ അർത്ഥം വരും കൊല്ലുന്നവൻ അങ്ങനെ കരുതാൻ പാടില്ല എന്നാണ് ശങ്കരാരൻ തൻ്റെ സിദ്ധാന്തമനുസരിച്ച് വ്യാകരണപരമായും എല്ലാം ശരിയാണ് ഡയറക്റ്റ് മീനിങ്ങുമാണ് നേരിട്ടുള്ള വ്യാഖ്യാനം ആത്മാവിനും കൊല്ലുന്നവനായി കരുതാൻ പാടില്ല എന്നുവെച്ചാൽ ഹനന കർത്താവായി ആത്മാവിനെ കരുതാൻ പാടുന്നു എന്നിട്ട് അവസാനം ഭാഷയിൽ പറയും അഭിക്രിയത്വം അത് ആത്മാവിനുള്ള ക്രിയകളും ഇല്ല അവരുടെ ആത്മാവിന് കർത്തൃത്വമില്ല ഇതാണ് ഇവിടെ ശങ്കരാചാര്യ സമൃദ്ധിക്ക് ഭാഷകാലങ്ങളുടെ ആശയം കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെ പേരെടുത്ത് പറയുന്നത് ആത്മാവിന് കർത്തൃത്വം ഇല്ല എന്നുള്ള കാര്യമാണ് ശങ്കരാചാര്യ സമൃദ്ധിക്ക് ആത്മാവിൽ കർത്തത്വമില്ല പറയുന്നത് സംഖ്യന്മാരാണ് ഈ ശങ്കരാചാര്യർക്ക് മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട അതാണ് ശങ്കരാചാര്യെന്ന് പറയുന്ന ആത്മാവിൽ കർത്തത്വമില്ല പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് മീമാംസകര് പറഞ്ഞ പടത്തോളം ന്യായവൈശേഷി എന്ന് വെച്ചാൽ പറയുന്നാലാണ് നിസ്സാരക്കാർക്ക് ജയീഷ്യാണ് വ്യാസൻ പറയും കണാദൻ പറയും ഗൗതമൻ പറഞ്ഞു ഇവരെല്ലാം പറഞ്ഞു ആത്മാവിൽ പർത്തുകൊണ്ടെന്ന് കവലം പറഞ്ഞില്ല ബ്രഹ്മസൂത്രത്തില് രണ്ടാം അധ്യായത്തിൽ സൂത്രം വരും കർത്താ ശാസ്ത്രാർത്ഥ ഞാൻ ഈ പറയുന്ന മുറയ വ്യാഖ്യാനത്തിനോട് ഞാൻ വ്യാഖ്യാനം വായിക്കുന്നതിനെ കർത്ത ശാസ്ത്രം അവിടെ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിക്കുന്ന എന്താണ് ആത്മാവും കർത്താവും എന്തുകൊണ്ട് എന്നാലേ ശാസ്ത്രം അർത്ഥവത്താവും സ്വർണ്ണനാമോ യഥേതായി തിരിച്ചറിഭൂരിച്ച് പല വിധികളുണ്ട് അപ്പോ അവിടെ ഈ വിധിയെല്ലാം സാർത്ഥകമാകുന്നുണ്ട് ഫലവത്താവുന്നുണ്ട് അതിനർത്ഥം ഉണ്ടാകണമെങ്കിൽ ആത്മാവിനെ കർത്തവായി സ്വീകരിച്ചേ പറ്റി ഇതാണ് കർത്ത അധികരണത്തിന് പറയുന്ന കാര്യം ഭാഷകാരനും അങ്ങനെ തന്നെ ശങ്കരാചാര്യനും അങ്ങനെ തന്നെ വെക്കാൻ ഇന്ന് രാമാനുജാചാര്യനും അങ്ങനെ തന്നെ വെക്കാൻ എന്തുകൊണ്ട് ഈ സങ്കന്മാര് പറഞ്ഞ പോലെ സ്വീകരിച്ച പോലെ മനുഷ്യന് ആത്മാവിനും കറുത്ത വായ്പ പൂർവവിമാംസീത വിധിയിൽ എല്ലാം ശരിയാവും അതെങ്ങനെയാണ് ശരിയാകുന്നത് ആത്മാവ് കർത്താവ് ആണെങ്കിൽ അതേ ആത്മാവിന്റെ എന്താ ഭക്താവുമാണ് അപ്പോ ഇവിടെ യജമാനും കാശുമുളയ്ക്ക് യാഗം ചെയ്യുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും അവിടത്തേക്ക് മറന്നിട്ടല്ല ഇത് ഓർമ്മക്കുറവാണ് സംസാരിക്കുകയാണ് നിങ്ങൾ സംശയിക്കരുത് ഓർമ്മക്കുറവൊന്നാണ് യജമാനും കാശുമുളയ്ക്ക് യാഗം ചെയ്യുന്നു എന്തിനു വലിയ ശ്രദ്ധ കേട്ടു പക്ഷേ യജമാനം മരിച്ചു അപ്പൊ സ്വർഗ്ഗത്ത് പോകുന്നവര് ആത്മാവാണ് അപ്പൊ കർമ്മം ചെയ്യുന്നവര് ഈ ശരീരമല്ല ശരീരത്തിന്റെ പിന്നിലുള്ള ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആത്മാവിന് കർത്താവുന്നത് ഇനീ കർത്താവ് തന്നെ സ്വർഗത്ത് പോയി ഫലം അനുഭവിക്കും അപ്പൊ അത് എന്റെ അപ്പൊ ഈ പ്രധാന യാഗങ്ങളെല്ലാം ജ്യോതിഷ്ടോമം പോലെയുള്ള പ്രധാനമായ എല്ലാ യാഗങ്ങളും സത്രങ്ങളും തന്നെ യാഗം ചെയ്യുന്നു ഒരു യജമാന അല്ലാത്ത വൃത്തിക്കുള്ള ഒരുപാട് യജമാനം ഒരാളെ ഉള്ളത് അപ്പോൾ യാഗം ചെയ്യുന്ന അയാളാണ് കർത്താവ് യാഗം ചെയ്യുന്ന അയാളിനെ എന്ത് ചെയ്യണം മരിച്ചതിന് ശേഷം ശ്രദ്ധത്തു പോയി ഫലം അനുഭവിക്കും ഈ യാഗത്തിന്റെ ഫലം വേറെ ആർക്കും പോകാൻ പാടില്ല പോയാൽ എന്ത് ദോഷം വരും വ്യക്തികരണ ദോഷം ആകെ തകടം വരും എന്ന് വെച്ചാൽ ഒരാള് കർമ്മം ചെയ്യുന്നു വേറെ ഫലം കിട്ടുന്നു അങ്ങനെ വരാൻ പാടില്ല പ്രധാന യാഗങ്ങളിലെല്ലാം അങ്ങനെയാണ് ആ വ്യക്തിക്ക് തന്നെ ഫലമുണ്ടാവും അയാൾ തന്നെ സ്വർഗത്തു സ്വർഗത്തു പോയി ഇന്ദ്രന്റെ പദവി വരെ ഉള്ള പദവികള് ഈ കൂടുതൽ പൈസ മുടക്കുന്നവർക്ക് അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം മീമാംസയുടെ ഒരുപാട് ചർച്ച ചെയ്യുന്നു ഇന്ന് ആൾക്കാർ പറയുന്നത് പഴയകാലത്ത് ഇങ്ങനെ യാഗങ്ങളും ഇതൊക്കെ നടത്തിയത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ലോകർ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തുവരും കർമ്മഫലപീകരണം വരും ഒരു കർത്താവിന് ഫലം കിട്ടാതെ അതിനുവേണ്ടിയല്ല ചെയ്തു കുഴയകാലം ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ശരിക്കും അവനവനിസം വരും കേട്ടിട്ടുണ്ട് അവനവനിസം അതാന്ന് ഇന്നത്തെ ടിവിയുടെ ഭാഷയിൽ പറയുന്നതാണ് അവനവനിസം ഞാൻ ചെയ്യുന്നു തനിക്ക് വേണ്ടി വേറെ ആർക്കും കിട്ടുന്നില്ലെന്നല്ല വേറെ ആർക്കും കിട്ടാൻ പാടില്ലായിരുന്നു കർമ്മ നിയമത്തിരിക്കും അപ്പോ ആത്മാവ് ഉണ്ടാവണം ഉണ്ടാവണം ഉണ്ടായാൽ പോലെ അത് കർത്താവണം അത് തന്നെ ഭോക്താവണം എന്നാലേ കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് പഴയ കാലത്ത് ഈ പ്രധാനപ്പെട്ട വൈദ്യ കർമ്മങ്ങളല്ലേ അല്ലാതെ ലോകത്തുനിന്നാവാൻ വേണ്ടിയിട്ടല്ല ത്മാവും കർത്താവായ ഇതാണ് കർത്താവ് ശാസ്ത്രാർത്ഥികരണത്തിൽ എല്ലാവരും വ്യാഖ്യാനിക്കുന്ന നാല് സൂത്രവും ഉണ്ട് എല്ലാ അതിന്റെ അർത്ഥം ഇതിന് പിന്നെ അതിന്റെ അടുത്ത് വരുന്ന അധികരണം എന്നത് അവിടെ വരുമ്പോ ജാതിയിൽ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചതിന് ശേഷം ശങ്കരായ പറയുന്നത് ആ പറഞ്ഞത് ശരി തന്നെയാണ് അതിനൊന്നും ചോദ്യം പക്ഷേ കർത്തൃത്വം ഔപാധികമാണ് എന്ന് പറയുമ്പോൾ തീർന്നു അന്ധക്കരണം തുടങ്ങിയ ഉപാധികൾ കൊണ്ടാണ് ആത്മാവിൽ കർത്തൃത്വം നേരിട്ട് ആത്മാവിൽ കർത്തൃത്വം അത് നിർഗുണമാണ് പക്ഷം അപ്പൊ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാവുക ചെയ്യുന്നവന് തന്നെ ഫലമുണ്ടാകണം മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയുള്ള കുറവ് മീമാംസയുടെ എല്ലാ നിയമങ്ങളെയും കർമ്മ ഫല നിയമങ്ങളെയൊക്കെ സംഗ്രഹം അംഗീകരിക്കുന്നുണ്ട് അതിനെ എല്ലാ സൂത്രവും അങ്ങനെ തന്നെ അവിടെ അവസാനം പറയുന്നു ധ്യാനിക്കും ഒരാളെ ധ്യാനിക്കുന്നു ഒരു കർമ്മമാണ് ആർക്കു വേണ്ടി ധ്യാനിക്കുന്നു അവന്റെ മോക്ഷത്തിനു വേണ്ടിയാണ് ധ്യാനിക്കും ഞാൻ ധ്യാനിക്കുന്ന എന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രസംഗിക്കും നമ്മൾ ധ്യാനിക്കുന്നതാണ് ലോകത്ത് ലോകത്ത് ഇത്രയും വലിയ സമാധാനം നമ്മളങ്ങ് കട്ടിവിടും കർമ്മ നിയമനിച്ച അനിച്ച അങ്ങനെയല്ല നമ്മൾ ധ്യാനിക്കുന്നുണ്ടെന്ന് വരുന്നു നമുക്ക് മോക്ഷം കിട്ടും ഇതൊക്കെ അവിടെ പറയുന്നു അപ്പൊ ഇത് സങ്കരാചാര്യം അംഗീകരിക്കുന്നു പക്ഷെ സങ്കരാചാരൻ ഒരു ചെറിയ മാറ്റം എന്താണ് തക്ഷാദികളെന്ന് പറഞ്ഞു ഈ കർത്തൃത്വം എന്നൊക്കെ ആത്മാവിന് വാസ്തവത്തിനെല്ലാം ആത്മാവ് നിർഗുണമാണ് ഔപാധികമായ കടത്തൃത്വം ഉണ്ടപ്പോൾ ഔപാധികമായി തന്നെ കടത്തൃത്വം ഭോക്തൃത്വം എല്ലാം ആത്മാവിന് വരാം അപ്പം കർമ്മം ചെയ്താൽ ഫലമുണ്ടാകും പൂർവ്വമീമാംസയുടെ നിയമങ്ങളെല്ലാം ശരിയാണ് അതിനൊന്നും ശങ്കരാചാര്യ നിഷേധിക്കുന്നില്ല ആത്യന്തികമായി ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എങ്കിലും വ്യാവഹാരികമായി ഇതെല്ലാം സത്യമാണ് ഇതാണ് ചങ്കരാരണ ചർത്താള അതുകൊണ്ട് എവിടെയൊക്കെ അവസരം വരുന്ന അവിടെ എല്ലാം പറയും ആത്മാവ് അകർത്താവാണ് ആത്മാവിൽ കർത്തൃത്വമില്ല ഔപാഹികമായ അകർത്തൃത്വം ഇതാണ് ഇത് ഇവിടെ പറയാനിടത്തോളം എന്താണ് ആത്മാവ് പിന്നെ ആരും കൊല്ലുന്നില്ല ആത്മാവ് ആരെയും കൊല്ലുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മാവിൽ കർത്തൃത്വം എന്ന് പറയും രാമാനുചാചാര് പറയുന്നത് അങ്ങനെ രാമാനുചാചര് പറയുന്നത് ആത്മാവിനെ ആരും പോലെയൊന്നുമില്ല ശരിയാണ് ആത്മാവിൽ കർത്തൃത്വമില്ല എന്ന് പറയാൻ പറ്റില്ല ആത്മാവിൽ കർത്തൃത്വമുണ്ട് എന്താണ് രാമാനുചാരി എന്റെ പലയിടത്തും ഒരു അകർത്താവാണെന്നൊക്കെ പറയുമല്ലോ അതവിടെ വ്യാഖ്യാനിച്ചത് യാതൊരു ആശയക്കുഴപ്പം ഇല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച് ഇപ്പൊ നമ്മൾ നടക്കുന്നു കിടക്കുന്നു ഊണ്ുന്നു ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആത്മാവിന് കടത്തൃത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഔപാധിക കടത്തൃത്വമുണ്ട് ശരി എന്ന് വിചാരിച്ച് ആത്മാവിന് ഒരു ആത്മാവിനെ കൊല്ലാനുള്ള കർത്തൃത്വം ഇല്ല അത് ശരിയാണ് എന്തുകൊണ്ട് ആത്മാവ് നിത്യമാണ് അതുകൊണ്ടാണ് ഞാനൊരാത്മാവാണ് എനിക്ക് അന്യ ആത്മാവിനെ കൊല്ലാൻ പറ്റാത്ത ആത്മാവ് നിത്യമാണ് പിന്നെ ഞാനങ്ങ് നോക്കുന്നത് അപ്പൊ കൊല്ലാനുള്ള കർത്തൃത്വം എനിക്കില്ല ഇത്രയിൽ നിന്നും ഇവിടെ അർത്ഥമാക്കും ഒരു കർത്തൃത്വമില്ലാന്നിവിടെ അർത്ഥമാക്കും ഇതാണ് വ്യത്യാസം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വ്യക്തിക്കുന്നത് അത് മനസ്സിലാവും ആത്മാവിനെ കൊല്ലാനുള്ള കർത്തൃത്വം ഇല്ലെന്നേ ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ അല്ല ഒരു കർത്തൃത്വം ഇല്ലയെന്ന് കിട്ടത്തുള്ളു ആത്മാവിന് കർത്തൃത്വമുണ്ട് ആത്മാവ് കർത്താവാണ് ഇപ്പം ലോക കർത്തൃത്വം ആത്മാവിനുണ്ട് ജീവാത്മാവ് ലോകത്തെയൊക്കെ സൃഷ്ടിക്കുക അത് ശ്രീമന്ദ നാരായണനെതിന് ശേഷി ആത്മാവിനുണ്ട് അതൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നാണ് രാമാനുരാജാ സിദ്ധാന്തം പിന്നെ അത് ഇവിടെ അങ്ങനെ ഒരർത്ഥം വരാൻ വേണ്ടിയിട്ട് അവരട്ടെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ശങ്കരാചാര് ഭാഷയിൽ പഠിച്ചിട്ടല്ലേ ഈ ഭാഷ വരുന്നു അതുകൊണ്ടിവിടെ എന്തു പറഞ്ഞു ആത്മാവിനെ സംബന്ധിച്ച് അതിനെ കൊല്ലുന്നതായൊന്നുമില്ല ലോകത്തൊന്നുമില്ല ഇനി പറയണ്ടോ ദൈനം ചിന്താണ് ദൈനം ദഹരിഭാവക അത് മനസ്സിലെച്ചുകൊണ്ട് പറയുന്നത് ഒന്നും തന്നെ അതിനെ വിശ്വസിക്കുന്നില്ല അപ്പോ ഇങ്ങനെ ഒരു അതിനെ കൊല്ലുന്നതിനൊരു കാരണവുമില്ല കേട്ടുമില്ല എന്നുള്ള അർത്ഥം അവരും അതുകൂടെ പറയട്ടെ അത് പറയുന്നത് ധനധാതുവിൽ നിന്നും എന്താണ് ഹേത്തുവർത്തകത്തിൽ ഇവിടെ തിരിച്ചുപ്രത്യം തിൻപ്രത്യമാണ് ത്രിൺ എന്നൊരു സൂത്രം ഉണ്ടാകുന്ന തിരിച്ചു പ്രത്യം തിരുപ്രത്യം വന്നു അപ്പൊ കർത്തരസം വേണമെന്ന് നിർബന്ധമില്ല ഹേത്തു വർദ്ധമെടുക്കാം ആ പ്രത്യത്തിൽ നിന്ന് രണ്ടിന്റെ രൂപം ഹീതിച്ചു വന്നു പറഞ്ഞാൽ ഷഷ്ടി വരണം തിരുൺ വന്നാൽ അത് വരണ്ടോകാവ്യനിഷ്ഠലർത്ത എന്നൊരു സൂത്രമുണ്ട് അതനുസരിച്ച് ദിവസത്താകുന്നത് പഠിച്ചിട്ടുള്ളവർ അത് പഠിച്ചിട്ടുള്ളതാണ് അല്ല പഠിച്ചിട്ടുണ്ടാവുന്ന അത് വരുന്നത് ദിവസത്താകുന്നത് ഷഷ്ടിയെ നിഷേധിക്കുന്നു അതുകൊണ്ടിവിടെ ധിരിയൊന്നും അല്ല ശരിയാണ് വരുന്നത് വേറെ മുട്ട് വരുന്നു അപ്പൊ അങ്ങനെ ഒരു അർത്ഥം പറയുന്നതിന് ഒരു തടസ്സം വരും ഇവിടെ പറയുന്നതിന് എത്രയോ അർത്ഥമാണോ ഒരാത്മാവിന് വേറൊരു ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നു ഒരാത്മാവിനുമല്ല ഇവിടെ പറയണ ആത്മാവിനെ കൊല്ലുന്നതിന് ഒരു ഹേതു ഇല്ലയെന്ന് പറയുമ്പം അതൊരു സാമാന്യമായ പ്രയോഗമാണ് ഒരു ഹേതു എന്ന് പറഞ്ഞാൽ ഒരു ഹേതു ഇല്ലെങ്കിൽ ഒരാത്മാവിനെ കൊല്ലാൻ മറ്റൊരാത്മാവിനും കഴിയും വിശേഷാർത്ഥം കിട്ടും അതുകൊണ്ട് വളരെ സാമാന്യമായ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിലുൾപ്പെടും എന്നാണ് രാമാനുജാരുടെ വ്യാഖ്യാനം അതാണ് ഞാൻ പറഞ്ഞത് തന്റെ ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത് തന്റെ സിദ്ധാന്തമാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത് വ്യാകരണ പാണ്ഡിത്യം ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് തന്റെ സിദ്ധാന്തത്തിന് അനുകൂലമായിട്ട് കടന്ന വ്യാഖ്യാനമാണെങ്കിൽ ചന്ദ്രയുടെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ആത്മാവിനും കൊല്ലുന്നില്ല ആത്മാവ് കൊല്ലുന്നവനില്ല എളുപ്പമാണ് നമുക്ക് വായിക്കുമ്പോൾ പ്രതീതമാവുന്ന തോന്നുന്ന അർത്ഥം തന്നെ എടുത്തു ഇവിടെ അങ്ങനെയല്ല ആരും മോശിക്കാറില്ല അവരവരുടെ സിദ്ധാന്തത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എത്ര കടന്ന വ്യാഖ്യാനം നടത്താനും ആരും മടിക്കത്തില്ല എല്ലാവർക്കും എന്താണോ അവരുടെ സിദ്ധാന്തത്തെ സംരക്ഷിക്കാനുള്ള സിദ്ധാന്തം അവർ രൂപീകരിച്ചിരിക്കുകയാണ് എവിടെ അവരുടെ കൂടെ അതിന് അവർക്ക് ചിലപ്പോൾ പാരമ്പര്യങ്ങളാണ് അവരുടേതായ പൂർവ്വശാസ്ത്രങ്ങളുടെ പിന്തുടർച്ചയാണോ അതെല്ലാം ഉണ്ടായിരിക്കും എന്നാലും അതെല്ലാം കൊണ്ടും അതിനൊരു സിദ്ധാന്തരൂപത്തിൽ രൂപപ്പെടുത്തി മനസ്സിൽ വച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് വ്യാഖ്യാനത്തിൽ ഇത്രയും വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുക അക്കാര്യത്തിൽ ആരും പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലരിൽ ലളിതമായി വ്യക്തി തന്റെ സിദ്ധാന്തത്തിന് യോജിക്കുകയാണ് യോജിച്ചില്ലെങ്കിൽ അവിടെ അഭ്യാസങ്ങൾ തന്നെ ഗീതാഭാഷത്തിൽ ആരാണ് കൂടുതൽ അഭ്യാസം കാണിച്ചതെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ രാമാനുചാചാര്യം അഭ്യാസത്തിനൊപ്പം മോശമാണ് ഒരു സ്റ്റാർ കുറയു എന്നുള്ളത് ഈ പഴയ വ്യാഖ്യാനങ്ങളിലല്ല പൊതുവായി ഞാൻ പറയുന്നു ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ഗീതയിൽ പല സിദ്ധാന്തങ്ങൾ അദ്വൈതം വന്നു നിഷ്ടാദ്വൈതം വന്നു ദ്വൈതം വന്നു ഞാധുനികന്മാർ വ്യാഖ്യാനിക്കുന്ന എന്തൊക്കെ എന്തൊക്കെയാണ് ഇവർക്കൊക്കെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അവർക്ക് സംസ്കൃതത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് വ്യാകരണത്തെ ഒക്കെ അവർ സ്വീകരിക്കുന്നു അവരുടെ വ്യാഖ്യാനത്തെ അവർക്ക് സത്വനിക്കാനും പറഞ്ഞ ആനന്ദന്മാരും അവർക്ക് സംസ്കൃതം അറിയിക്കല്ല അവരുടെ വായിക്കോമയവും ഓതയ്ക്കുപാട്ടെന്നുള്ളവരെ ഇതിന്റെ പലത് കഴിഞ്ഞിരിക്കും നമ്മുടെ ഗാന്ധിജി പോലെയുള്ള ആൾക്കാർ ഗാന്ധി മാത്രമാണ് പല ആനന്ദന്മാരും കൂടി ഞാൻ പേര് പറയുന്നത് പറഞ്ഞാൽ നിനക്ക് അവരെയൊക്കെ ഞാൻ അധിക്ഷേപിച്ചെന്ന് തോന്നുന്നു എന്നുള്ള പേര് പോലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ഒരാളെനിക്കൊരു വീഡിയോ അയച്ചു ഇത് പറയുമ്പോ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കേൾക്കുന്നവരോ കാണുന്ന ഇതൊക്കെ വായിച്ച് കേട്ടിട്ടിങ്ങനെ പിംപിരി കൊള്ളുന്നവരായിരുന്നു ആവേശമായി അവര് പറയുന്നത് എന്താണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് നമ്മള് കൃഷി കക്ഷും അപ്പോ അവർ ആവർത്തിച്ചാവർത്തി പറയുന്നത് ഞാൻ വളരെ സയന്റിഫിക്കാണ് ശരിയാണ് ഒരു സയൻസ് പറഞ്ഞിട്ടുള്ളത് അവർ വേദത്തിന് വ്യാഖ്യാനം എഴുതി ഒരുപാട് വ്യാഖ്യാനം ഒന്നും രണ്ടുമൊന്നും അവർ പറയുന്നതെല്ലാം റിസർച്ച് ആണോ റിസർച്ച് പേപ്പറുകൾ നാം പറയുന്നത് അവരെന്താ പറയുന്നത് വേദം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഹിന്ദിയിൽ പറയുന്ന ഇതിഹാസ് ഇതിഹാസമാണെന്നില്ല ഹിസ്റ്ററിയാണെന്നും മുപ്പത് വർഷം വരെയുള്ള ഹിസ്റ്ററി വേദത്തിലുണ്ട് വേദത്തിലുണ്ടെന്നും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അക്ഷസംസ്കാരങ്ങളിൽ കത്തിജ്വലി ചെയ്യിക്കുന്നവർ ആവേശം കൊടുക്കുന്നതിന് പിന്നെ ഇതിൽ പരം ഭൂമിയിൽ എന്ത് വേണ്ടും ആവേശങ്ങൾ അപ്പോ ഇത് ഹിസ്റ്ററിയാണെന്ന് അവർ പറയുന്നതിന് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ആസ്ട്രോണമി വേദം മുഴുവൻ ആസ്ട്രോണമിയാണ് പറയുന്നത് എന്നുവെച്ചാൽ ഗ്രഹനക്ഷത്രങ്ങളുടെ സഞ്ചാരങ്ങളെ കുറിച്ചോ അതിൻ്റെ വലിയ വിദ്യകളെ കുറിച്ചോ അവർ ആസ്ട്രോണമി പഠിച്ചവരാണെന്നാണ് ഞാൻ കരുതുന്നത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോന്നും പറയാനുള്ള ആധികാരികമായ അറിവ് എനിക്കില്ലാതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പഠിച്ചിരിക്കും നമുക്കറിയാത്ത കാര്യം ആധികാരികമായ അഭിപ്രായം പറയാൻ എന്തായാലും ആസ്ട്രോണമിക്ക് അനുസരിച്ച് വേദത്തിൽ മുപ്പത് വർഷത്തെ ചരിത്രമുള്ള ഇരുപത് വർഷത്തെ ചരിത്രമുള്ള മുപ്പതിനായിരം വർഷം അപ്പോ അതിന് പറയുന്ന എന്താണ് വേദത്തിൻ്റെ ഓരോ പദങ്ങൾ എടുത്തിട്ട് ഈ പദത്തിൽ ഇല്ലതാണ് എന്നാണ് പറയുന്നത് ഇവിടെയാണ് ബാക്കിയവർ പറയുന്ന ആസ്ട്രോണമി ശരിയാണ് ആസ്ട്രോണമി ശരിയാണെന്ന് പറയുന്നത് ശരിയായിരിക്കും അങ്ങനെ ചെയ്യണം എന്നീകരിക്കണം പക്ഷേ വേദങ്ങളുടെ ഒരു പദമെടുത്തിട്ട് ഈ പദത്തിന് ഇന്നതാണ് അർത്ഥം എന്ന് പറയുന്നിടത്താണ് ഈ പദത്തിന് ഇവരെന്തർത്ഥമാ പറയുന്നത് ഇവർ പഠിച്ച സയൻസ് ഇവിടെയാണത് അതായത് നമ്മുടെ ആധുനിക സംസ്കൃതം എന്ന് പറയുന്നത് സാമാന്യമായി സംസ്കൃതം പഠിച്ചു ആർക്കും മനസ്സിലാകുന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശങ്കരഭാഷ സംസ്കൃതം ശരിക്കും സിദ്ധാന്തം മാത്രം പഠിച്ചാൽ മതി ശങ്കരഭാഷ വളരെ ഈസിയായി വായിച്ചു അത്രയുള്ള അത്രയും സിമ്പിളാണ് അതാണ് ആധുനികമായ ഏറ്റവും നല്ല സംസ്കൃതത്തിൻ്റെ ഉദാഹരണം മനസ്സിലാവും പക്ഷെ വൈദിക സംസ്കൃതം അതല്ല അതൊരു പ്രാചീന സംസ്കാരമാണ് എന്നുവെച്ചാൽ അതിന് യാതൊരു വ്യവസ്ഥയും ഒരു വാക്കിന് എന്തർത്ഥം പറയണമെന്നുള്ളത് വ്യാഖ്യാനിക്കുന്ന തോന്നുന്ന അർത്ഥമാണ് അതുകൊണ്ടാണ് പാണിനി വ്യാകരണം ഉണ്ടാക്കുന്നു ഒരു ഏർപ്പാട് തന്നെ ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് നമുക്ക് വേദത്തിന്റെ അർത്ഥം പറയാൻ പറ്റില്ല കാരണം അതിന് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഉദാത്ത എഴുതാത്ത സ്വരങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളും പ്രത്യേക വ്യത്യാസങ്ങളും സമാസം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങളും അതുകൊണ്ട് വരുന്ന അർത്ഥ ഭേദമൊക്കെയാണ് വേദം ഉച്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് സ്വരം മനസ്സിലാക്കാനും പറ്റുന്നത് പ്രയാസമാണ് ചിലർക്ക് മനസ്സിലാക്കുമെന്ന് പറയുന്നു എനിക്കെന്തായാലും മനസ്സിലാകാം അപ്പോ അത് വളരെ സങ്കീർണവും ആ വൈദിക വ്യാകം എന്ന് പറയുന്നത് അപര്യാപ്തമാണ് മികച്ച അതുകൊണ്ട് നമുക്കൊരിക്കലും വേദം അത് പഠിച്ചാൽ അതുകൊണ്ട് നമുക്ക് വേദ ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം അല്ല അത് മാത്രമല്ല പണ്ടു ചില സൂത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സൂത്രം കൊണ്ട് നമുക്ക് അല്ല ഒരു സൂത്രം അറിഞ്ഞിരുന്നാണ് ഒരു കാരണത്തിന് ഒരു സൂത്രങ്ങൾ വളരെ പ്രസിദ്ധമായ ഒരു സൂത്രമായിട്ടാണ് ഒറ്റ സൂത്രം കൊണ്ട് നമുക്ക് ഒരു പദത്തിന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം ഒരു സൂത്രമാണ് എനിക്ക് തോന്നിയതുപോലെ എനിക്ക് വ്യാഖ്യാനിക്കാം ഇതുപോലെ എത്രയോ സൂത്രം എന്നുവെച്ചാൽ ഏകത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കത് നല്ല വ്യവസ്ഥാപിതമായ ഭാഷയായിരുന്നു കാരണം ഇന്നിപ്പോ ആദിവാസികൾ സംസാരിക്കുന്ന ഭാഷ നോക്കുക അവർക്കതുകൊണ്ട് ആശയവിനിമയം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരും പക്ഷെ നമുക്കൊരു ചേട്ടാ ഒന്നും മനസ്സിലാകത്തില്ല എന്നുവെച്ചാൽ നമ്മുടെ ഭാഷയായിട്ട് സാമ്യമുള്ള ഭാഷയെ കുറിച്ച് പറയുന്നത് ഈ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ സംസാരിക്കുന്നത് മലയാളവും തമിഴും തടയുന്ന ഒരു ഭാഷയാണ് പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല തമിഴറിയുന്നവർക്കും മനസ്സിലാകാൻ പ്രയാസമാണ് മലയാളം അറിയുന്നവർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുപോലെയാണ് പ്രാചീന സംസ്കൃത വൈദിക സംസ്കൃതം പക്ഷെ അവർക്ക് മനസ്സിലാവും അതുപോലെ പണ്ടു സംസാരിച്ചിരുന്ന തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ അവ്യവസ്ഥിതമായ അവ്യുക്തമായ ആശയവിനിമയത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപര്യാപ്തമായ ഒരു ഭാഷയിലെ വാക്കുകൾ എടുത്തുവച്ചിട്ട് ഇന്നത്തെ സയൻസ് അനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളത് പരമാബദ്ധമാണ് അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ കുറിച്ച് സംസ്കൃതം പഠിക്കണം പിന്നെ ഇതും നിങ്ങളും ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് തുടങ്ങും നടക്കാതിരിക്കാനാണ് ഞാൻ പറയും ഈ സംസ്കൃതത്തെ കുറിച്ചൊരു ബോധമില്ലാത്തവർക്ക് ഇതൊക്കെ വലിയ കാര്യം അവര് പറയുന്നാണ് ശരി ധ്യാനന്ദ്ര വേദത്തെ വളരെ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനത്തിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഈ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു വേദവാക്യടുത്ത് വെച്ചിട്ട് ദയാനുസരിച്ചത് പറഞ്ഞു അതിന്റെ അടുത്ത് ടെലഗ്രാമ് ആണെന്നാണ് ടെലിഗ്രാമിനെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടും ഡാൻ സരസ്വദിയുടെ ആ കാലഘട്ടത്തിൽ ഡാൻ സരസ്വതി ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് മരിച്ചയാളാണ് തൊള്ളായിരം കണ്ടിട്ട് രണ്ടും മരിച്ചു പത്ത് വർഷം അതിനു മുമ്പ് ഇവിടെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കാലത്ത് പ്രചാരത്തിൽ ഇരുന്ന ഇവിടെ ബ്രിട്ടീഷുകാർ ഉള്ളതെന്നൊന്നാണ് ഇട്ടിടക്കാം അദ്ദേഹം കൊണ്ട് എന്നാ ഈ സയൻസ് ഇട്ടിളക്കാൻ വേദത്തിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കാൻ വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേദം ശാസ്ത്രീയമാണ് ഇതുപോലെ ഒരു അബദ്ധം അരവിന്ദോ മഹർഷി അരവിന്ദോയും കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ പലർക്കും പിടിക്കത്തില്ല പക്ഷെ പറയാനിരിക്കാൻ കാരണം ഈ വ്യാഖ്യാനങ്ങളൊക്കെ എന്താണ് അവരവരുടെ കൽപ്പനയാണ് ഭാവനയാണ് ഈ വാക്കിന് ഇതാണ് അർത്ഥമെന്ന് ഇവരുടെക്കും വരെയുറപ്പില്ല എന്നാലും കഴിഞ്ഞ ദിവസം പറഞ്ഞു കൺഫർമേഷൻ ബയാസ് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് വറ്റിത്തീർക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഈ വ്യാഖ്യാൻ അങ്ങനെ വേദത്തിൽ സയൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പുള്ള സയൻസ് കിട്ടാനുള്ള സയൻസ് പോട്ടെ ദാന സരസ്വതിക്ക് വേദത്തിൽ നിന്ന് തെർമോ ഡൈനാമിയസിനെ കുറിച്ച് വ്യാഖ്യാനിക്കാമായിരുന്നു എന്താ വ്യാഖ്യാനിക്കായിരുന്നു അവിടെ ജീവിതങ്ങളും സംസ്കൃതമാണ് പഠിച്ചത് തെർമോ ഡൈനാമിയ്സൊക്കെ അതിനു മുമ്പ് തന്നെ ഒരുപാട് സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട് പല അവളെ പഠിച്ചിട്ടില്ല അതും കഴുകിയില്ല ലാപ് ക്ലാസ് സിക്യുവേഷൻ എഴുതാമായിരുന്നു ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നു എന്താ എഴുതാറത്തു അതും പഠിച്ചിട്ടില്ല പഠിച്ചവർക്ക് എഴുതാൻ പറ്റും അപ്പൊ ഇത് കണ്ടതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചു എന്നുള്ളത് പോലെ അതുകൊണ്ട് ഇത്രയും അബദ്ധ വ്യാഖ്യാനം ഭേദത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി വായിച്ചിട്ട് അമ്പരം പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഒരേ ശബ്ദം ഒരാളെ ത്രിജന്തമായിട്ടൊക്കെ ഒരാൾ തിന്നന്തമായിട്ട് നിന്നിട്ട് രണ്ടുപേരും രണ്ട് സിദ്ധാന്തം സ്ഥാപിക്കുന്നു ഇതാണ് വ്യാഖ്യാനത്തിന്റെ രീതി ശബ്ദത്തിന് മാറ്റമൊന്നും ഇത് ആധുനിക സംസ്കൃതമാണ് അതുപോലെ തന്നെ പ്രാചീന സംസ്കൃതത്തിൽ എന്തൊക്കെ ചെയ്യാം എന്താസ്ട്രോണമി അതിനകത്തുണ്ടെന്ന് പറയാം എന്ത് ഹിസ്റ്ററി ഉണ്ടെന്ന് പറയാം അതൊക്കെ പറയുന്നവരുടെ കൺഫർമേഷൻ പ്രയാസമാണ് അവരുടെ മമ്മിറ്റികളാണ് ധാരണാപക്ഷവാതത്വമാണ് ഇത്രയും ഇതിന്റെ മുഖമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് സന്താനം എന്ന് പറഞ്ഞാൽ കമപി ഏതെങ്കിലും ഒരു കാരണം എന്നെടുത്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ രാമാനുചാര്യ ഇവിടെ എന്താ പറയുന്നത് ഈ പദ്യത്തിൽ പറയുന്നത് ആത്മാവ് അകർത്താവും എല്ലാ മറിച്ച് പറയുന്നത് ആ ഈ സന്ദർഭത്തിന് കൂടുതൽ യോജിക്കുന്നതാണ് എന്തുകൊണ്ട് ഇവിടെ നിരന്തരം ഭഗവാൻ അർജുനോട് പറയുന്ന എന്താണ് ശരീരവും നിത്യമാണ് ആത്മാവ് നിത്യമാണ് നീ ദുഃഖിക്കണ്ട പ്രകരണത്തിന്റെ അർത്ഥം അതാണ് അല്ല ഇവിടെ അകർത്താവുന്ന ഒരർത്ഥം അല്ല പറയുന്നത് ആത്മാവ് നിത്യം എന്നുള്ളതല്ല തുടർന്നും പറയുന്നത് നാണി ശോചിത്തും അർഹത്തിൽ അവിടെ പറയുന്നത് അത് രാമാനുചാചാര്യ പറയുന്നത് സന്ദർഭോചിതമാണ് പക്ഷെ ഒരാൾ കർത്താവ് അല്ല എന്ന് പറയുക വേറൊരു കർത്താവാണെന്ന് വാച്ചിപ്പിടിക്കുകയും അതിനുവേണ്ടി അഭ്യാസ വ്യാഖ്യാന കസരസുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു പക്ഷത്തു നിന്നുകൊണ്ട് പരസ്പരം തർക്കിച്ചിട്ട് ആ ഒരു കാര്യവും ഇതുകൊണ്ട് ഒരു ലാഭം ആർക്കുണ്ടാകും പിന്നെ ഏതാണോ അവരവരുടെ വിശ്വാസം അതിന് മുമ്പോട്ട് പോവാ നിങ്ങളൊരു വിശിഷ്ട അദ്വൈതിയാണോ അതിൽ വിശ്വസിച്ച് പോവുക നിങ്ങളൊരു അദ്വൈതിയാണോ അത് വിശ്വസിച്ച് പോവുക എന്തുകൊണ്ട് അത് അവരവരുടെ ഇഷ്ടം അല്ലെങ്കിൽ പരസ്പരം പ്രത്യേക അതുകൊണ്ട് ഹന ഭേദവും കമോയവും അയ്യേ എന്ന് വ്യാഖ്യാനിച്ചു ഹാരം എന്നുള്ള സങ്കരായിട്ട് വ്യാഖ്യാനത്തെ തടികൾ പക്ഷെ അതിനെ കുറിച്ചൊന്നും പരാമർശിക്കുന്നേയില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം ഇതെല്ലാം വിശദമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല ഇതുവായിരുന്നു ഏതെങ്കിലും മതം മരിച്ചതായി ചത്തതായിട്ട് ആത്മാവിനെ യഹം നേരെ ആരാണോ കരുതുന്നത് ആത്മാവാരെ കൊല്ലുന്നില്ല ആത്മാവാരും മരിക്കുന്നില്ല ഇത് പറയുന്നത് തന്നെയാണ് പക്ഷെ അത് ഒരുപാട് ഉളഞ്ഞ വഴികളിലൂടെയൊക്കെ പോയി വന്നു എന്നുള്ളത് ഇത്തോഭവും ഈ രണ്ടു കൂട്ടരും ന റിയില്ല പല കാരണങ്ങളും പറയുന്നുണ്ട് ഇനിയും പല കാരണങ്ങളും പറയാനുണ്ട് എന്താണ് ആത്മാവ് നിത്യമാണ് വികാരം സംഭവിക്കുന്നില്ല ആത്മാവിന് പരിണാമം സംഭവിക്കുന്നില്ല ഇവിടെ രാമാനുചാര്യത്ത് പറയും ആത്മാവണമാണ് അങ്ങനെ പല കാരണങ്ങളും അസ്യ നിത്യത്വദേവ നിത്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെ ആത്മാവ് കൊല്ലുന്നില്ല ആര് കൊല്ലുന്നില്ല അഗ്നിയും വായുമൊന്നും ആത്മാവിനെ കൊല്ലുന്നില്ല അസ്യയം ഹനൻ ഹേതുന ഭൗതി അതുപോലെ തന്നെ ഈ ആത്മാവിന്റെ ഹനനത്തിന് ആരും ഹേതുവാകില്ല അർജുനന് ഹേതുവാകുന്നു അർജുനോട് പറയുകയാണ് ആത്മാ നിത്യമാണ് നീ വിചാരിച്ചാൽ കൊല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭീഷ്മദ്രോണാദികളെ കൊല്ലുന്നു എന്ന് കരുതി നീ ദുഃഖിക്കേണ്ട കാരണം ഇവിടെ ഒരു പിടിക്ക് രണ്ടു പക്ഷം ആവർത്തിച്ച് പറയും അത് മീമാംസ നിയമം അനുസരിച്ചിട്ടാണ് ഇനിയൊക്കെ കൊന്നു ഭീഷ്മ്രോണാദികളെ കൊന്നു ഒരു പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ആത്മാവ് നശിക്കുന്നത് രണ്ട് നേരത്തെ പറഞ്ഞ് ഇനിയും പറയും അവരെ കൊന്നുകഴിഞ്ഞാൽ വലിയൊരു ഗുണമുണ്ടെന്താണ് നേരത്തെ പറഞ്ഞാണ് എന്താണ് ഗുണം വരുന്ന ജർജര ശരീരന്മാരാണ് ജീർണിച്ച ശരീരത്തോടുകൂടി ഇവരാണ് ചത്തുകഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പോയി നല്ല സുന്ദരമായ ശരീരവും കിട്ടി അവിടെ സുഖമായിട്ട് അവർ ജീവിക്കും അതിനുവേണ്ടിയും എന്ത് ചെയ്യണം അവരെ കൊല്ലണം ഇത് വൈദികന്മാരുടെ നിയമമാണ് ഇനി വരും അവിടെ അതീശ അതുകൊണ്ട് കൊല്ലുന്നതിന് മടിക്കില്ല ആത്മാവിനശിച്ചിന്തിനാണ് അതേ വെച്ച് അയം ആത്മാനഹരിയത്തെ അതുകൊണ്ട് എന്താണ് ഈ ആത്മാവരിക്കലും ശ്രമിക്കപ്പെടുന്നില്ല കൊല്ലപ്പെടുന്നില്ല ശരീരമേ നശിക്കുന്നു ഹന്തി ധാതുരപ്പി ആത്മകർമ്മ ശരീരവിയോഗ കർണമാജി അപ്പോ ഇവിടെ കാണാം ഹന്തി എന്നൊരു ക്രിയ നായം ഹന്തി ഈ ക്രിയയുടെ കർമ്മം ആരാണ് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവെ കുറിച്ച് എൻ്റെ പറയുന്നു ഹന്തി ആത്മധർ കർമ്മക അത് ശരിയാണ് ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ വ്യാകരണത്തിന്റെ നിയമം അനുസരിച്ച് കൊല്ലുക എന്ന് പറയുന്നതിന്റെ കർമ്മം അത് ആത്മാവ് തന്നെയാണ് അപ്പോൾ ആത്മാവ് എന്നെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ക്രിയയുടെ കർമ്മമായി എങ്ങനെ ആത്മാവിനെ പറയുന്നു പറയുന്നു അത് എൻ്റെ അർത്ഥം ഇതാണ് ശരീരവിയോഗ കരണമാശി ശരീരത്തെ വിയോഗം എന്ന് പറയുന്ന പ്രവൃത്തി അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശരീരവിയോഗം എന്ന് പറഞ്ഞാൽ എന്താണോ ആത്മാവിൽ നിന്നും ശരീരത്തിന്റെ വിയോഗം ആത്മാവ് നിത്യമായിട്ട് അവിടെയിരുന്നു ഭീഷ്മ്രോണാഥ ഭീഷ്മ്രോണാഥങ്ങളിലൊക്കെ കൊന്നുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആത്മാവിൽ നിന്നും ശരീരം വേർപെടുന്നു ആ വേർപെടുക എന്ന് പറയുന്ന അപ്രവൃത്തിയാണ് ഹന്തി പറയുന്നത് വാചി അങ്ങനെ വചിക്കുന്നതാണ് ധനഥ യോഗ കരണം എന്ന് വെച്ചാൽ അതിനെ വേൾതിരിക്കുക കുറവ് ക്രിയ ആ ക്രിയയെക്കുറിച്ചാണ് അനുദാത പറയുന്നത് അതുകൊണ്ട് അനുദാതുവിന്റെ കർമ്മം ആത്മാവായിരിക്കുകയും പിന്നെ ആ കർമ്മത്തെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും ആത്മാവിന് ഹനനത്തിനുള്ള ഒരു സാധ്യതയില്ല കുറച്ച് ഭനനം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും മനസ്സിലാക്കി ആത്മാവിൽ നിന്ന് ശരീരത്തെ വേർപെടുത്തുകയാണ് കശാപ്പ് കാരണം അത് തന്നെ ചെയ്യും ആടിനെ പശുവിനെ പോയി ഒക്കെ വെട്ടിമുറിക്കുമ്പോൾ ഈ കശാപ്പുകാരനെന്താ ചെയ്യുന്നത് ആത്മാവിൽ നിന്നും ശരീരത്തെ വേർപെടുത്തുകയാണ് ഒരുപക്ഷെ അതാണ് നല്ലതായിരിക്കും കാരണം എന്തുകൊണ്ട് ആ അത് പോയി പോയിട്ടെന്ത് അതിന്റെ പുണ്യം അനുസരിച്ച് ചിലപ്പോൾ ദേവ ശരീരമായിരിക്കും കിട്ടുന്നു അല്ലെങ്കിൽ മനുഷ്യ ശരീരവധികം കിട്ടുന്നു എന്തുകൊണ്ട് പുനർജന്മ സിദ്ധാന്തത്തിന് നല്ല സാധ്യതയുണ്ട് അപ്പൊ ഹിംസയോട് നമുക്ക് വെറുപ്പ് തോന്നേണ്ട ഒരു കാര്യമാണ് കൊല്ലുക എന്നു പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് ശരീരത്തെ വേർപെടുത്തുക ഇത്രയുള്ളൂ നിസ്സാരമായൊരു കാര്യമാണ് അതിനെക്കുറിച്ച് വിമർശിക്കേണ്ട യാതും ഇല്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്താണ് നഹിംസ സർവാഭൂതാനും വേദം പറയുന്നുണ്ടല്ലോ സർവാണി ഭൂതാനും ഓരോ പ്രാണിയെയും അഹിംസ കൊല്ലരുത് എന്ന് പറയും വേദത്തിലൊരു വാക്യമാണ് പിന്നെ വിശേഷം പറയുന്നുണ്ട് എന്താണ് ബ്രാഹ്മണവും ഹന്തവ്യ ബ്രാഹ്മണനെ കൊണ്ട് ക്ഷത്രിയോ നഹന്തവ്യ എന്ന വാക്യം നമുക്ക് വേദങ്ങളും പരിധിയാലും വൈശ്യോ നഹന്തവ്യ അങ്ങനെ കിട്ടത്തില്ല പിന്നെ ശൂദ്രോ നഹന്തവ്യ ഒന്നും കിട്ടത്തില്ല ഒരു വാക്യമുണ്ട് വേദത്തിൽ എന്താണ് ബ്രാഹ്മണോ നഹന്തവ്യം ഇത് ആരായിരിക്കുകയും തന്നെ കേട്ടത് ഇത്രയും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ തലയിൽ ഒരു ഇരുപത് പാട്ടുകളുടെ പഴുപ്പ് തിളങ്ങി എന്ന് ഞാൻ പറയും അത്രയുള്ളൂ സ്ത്രീഹനഹന്തവ്യ സ്ത്രീകളെ കൊണ്ടുവരുന്ന അങ്ങനെയുണ്ട് അതൊന്നും അത്യാവശ്യമുള്ള എല്ലാരെയും കിട്ടാം പക്ഷെ ബ്രാഹ്മണനെ മാത്രം കൊല്ലരുത് ഇതെന്ത് പറയുന്നത് ഇന്ത്യ എഴുതിയപ്പോഴേ ഇന്ത്യ സമയത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആക്രമണം നടക്കുന്ന ഒരു സമയമാണ് അവരിങ്ങോട്ട് വന്ന് ശ്രീരംഗപട്ടണത്തിൽ വന്നിട്ട് അവിടെ ചെറുക്കാൻ നിരായുധരായി എന്ന ആയിരക്കണക്കിന് ബ്രാഹ്മണരെ വെട്ടിക്കൊന്നു എന്നാണ് ചരിത്രം പറഞ്ഞു ചരിത്രമാണ് കൊന്നു എന്നൊരു വാസ്തവമാണ് എന്തുകൊണ്ട് കൊന്നോ അവർക്ക് വേദം പറയുന്നു ബ്രാഹ്മണമാണ് അവരുടെ വേദം അവരാരും പഠിപ്പിച്ചില്ല അതുകൊണ്ട് അവർ കൊല്ലം കൊന്നാ സമയത്തൊരു മനസ്സാക്ഷികൊത്തം തോന്നിയില്ല അവർ വെട്ടിക്കൊന്നു അപ്പൊ എല്ലാ നിയമങ്ങളും എന്താണ് എല്ലാ ശാസ്ത്രങ്ങളും അത് എവിടെ പ്രചരിക്കുന്നു എവിടെ അതിനെ നിലനിർത്തുന്നു അവിടെ അത് വിജയിക്കത്തു മറ്റുള്ളവരുടെ അടുത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് വന്നും പ്രായോഗിക അതുകൊണ്ടാണ് അവരതൊന്നും നോക്കാറ് ഈ ശാസ്ത്രങ്ങളൊക്കെ കുറഞ്ഞപക്ഷം ഭാരതത്തിൽ നിലനിൽക്കണമെന്ന് പറയുന്നതിന് വേണ്ടി ഇത്തരം ആശയങ്ങളെല്ലാം ഇതായിരുന്നു ഒരു കാലത്ത് കൊടുത്ത് അനുഗീതമായി ഇന്നിപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഒരു സായിപ്പിനെ എതിർക്കുന്ന നിങ്ങൾ എന്താണ് ഒരു മെക്കാളെന്ന് പറയുന്ന ഒരു സായിപ്പിന് എല്ലാവരും എന്തിനാണ് എന്തിനായിരുന്നു പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടെ കൊണ്ടുപോകും ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കണമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ വിജ്ഞാനവും കൂടെ നമ്മളെ അലമാരിയിലുള്ള വിജ്ഞാനമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വാസ്തവ കാരണം വെച്ചിട്ടാണ് വാസ്തവകാരണം എന്തെന്നറിയണം ആദ്യമായി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെ ഒരു ക്രിമിനൽ കോഡ് രൂപീകരിച്ചിരിക്കുകയാണ് ഈ ക്രിമിനൽ കോഡിൽ കൂടി ഈ നിയമം എടുത്തു പറഞ്ഞു എന്താണ് ബ്രാഹ്മണോ നഹന്തോ അതായത് പുതിയൊരു ക്രിമിനൽ പ്രൊസീജിയറുണ്ട് കുറ്റങ്ങൾ എല്ലാവർക്കും പുരോഗതി അവര് ജാതി നോക്കാൻ പാടില്ല ഒരാള് കൊലപാതകങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവൻ ആരായാലും ശരി അവൻ എന്താണ് വധശിക്ഷ ഇന്നും അങ്ങനെ അങ്ങനെ തുടർന്ന് വരുന്ന ഒരു നിയമങ്ങളാണ് ഈ അടുത്ത കാലത്താണ് കുറെ ഭേദഗതി ഇന്ത്യയിൽ നിന്നുള്ള ജാതി നോക്കരുന്ന് െയ്ത് എഴുതി വെച്ചവർക്കത് ഇഷ്ടപ്പെടും അങ്ങനെയാണ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു ചെറിയ മോഷണം നടത്തിയാൽ പോലും ജാതിക്കനുസരിച്ച ആ ശിക്ഷണു പുതിയ സംസ്കാരം എന്ന് പറയും നമ്മുടെ ഈ തിരുവിതാംകർ കേരളത്തെപ്പോലും ഇന്ത്യയുടെ ഈ ഓണം കയറാമൂരി പോലും അതായത് നിയമം ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ജാതികൾക്കനുസരിച്ചിട്ടാണ് മേൽജാതിക്കാരാണെങ്കിൽ ശിക്ഷ കുറവായിരുന്നു താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ നിങ്ങൾ എളംകുളം കുഞ്ഞമ്പിള്ളയുടെ കേരളചരിത്രമായി ഞാൻ പഴയകാലത്ത് വായിച്ചു ഒരു താഴ്ന്ന ജാതിക്കാരനെ ഒരു ചക്ക മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ചക്കയെ രണ്ടായിട്ട് ഇങ്ങനെ കയറും എന്നിട്ട് അവനെ രണ്ടായിട്ട് കയറും എന്നിട്ട് ഒരു പകുതി ആ ചക്കയുടെ കൂട്ടത്ത് ചേർത്ത് വെച്ച് കെട്ടും എന്നിട്ട് എല്ലാരും നാളെ കെട്ടിത്തോക്കും ചക്ക മോശി ചോദിച്ചിട്ട് ഞാൻ പറയുന്ന കേരള ചരിത്രത്തെഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്രൂരമായ ശിക്ഷാവിജയവും നടത്തി ഒരു നാടാണ് ഇപ്പൊ ഇതിനൊക്കെ നിങ്ങൾ കുറ്റം പറയുന്ന ആരെയാണ് വേറെ ചില മതക്കാരെയാണ് അവരാണ് ഇങ്ങനെയുള്ള പ്രാകൃതമായ ശിക്ഷ കല്ലെറിഞ്ഞു കൊടുത്തത് അതിവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നടപ്പിലുണ്ടായിരുന്നതല്ല ഈ കല്ലറിഞ്ഞു കൊല്ലം ഇപ്പോഴൊക്കെ മാറി എന്നുള്ള പ്രാകൃതമായ ശിക്ഷ അപ്പോ ഇത് ഈ ഒരു വാക്ക് വന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ പറയുന്ന ഇതാണ് കൊല്ലത്തിൽ നിയമമുണ്ടെന്ന് വേദം പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഭഗവാൻ അടങ്ങുന്നവണ് പറയുന്ന എന്താണ് കൊല്ലിൽ ആത്മാവ് മരിക്കുന്നെന്താണ് പക്ഷെ വേദത്തിൽ പറയുന്നെന്താണ് ഒരു പ്രാണികളെയും കൊല്ലരുതാണ് ഈ രീതിയിൽ കൊല്ലാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട് അവർക്ക് ഇത് വായിച്ചു നോക്കാം ശരി സംസ്കൃതം പഠിച്ചിട്ടുള്ളവരാണ് എല്ലാത്ത കുഴപ്പമില്ല വായി തോന്നിയത് പോകട്ടെ ഇത് പൂർവ്വർഷമാണ് ഇതെങ്ങനെ പറയാൻ പറ്റും എന്താണ് ഒരു പ്രാണിയുടെയും പൊല്ലലെന്ന് പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണോ ആ അതാണ് അടുത്ത് പറയുക ശാസ്ത്രാണ് ആ വിഹിത ശരീരവിയോഗ കരണ വിഷയാണ് പലതരത്തില് പറയും വിധിക്കാത്ത ശരീരവിയോഗ വിധിക്കാത്ത പൊല്ലലുകളുണ്ട് ശാസ്ത്രം വിധിച്ചിട്ടില്ലാത്ത കൊണ്ട് കൊലപാതകങ്ങളും അതിനുവേണ്ടി പറയുന്നു എന്ന് വെച്ചാൽ ബ്രാഹ്മണോനഹന്ത വ്യാമിന് ശാസ്ത്രം നിഷേധിപ്പിച്ചിരിക്കുന്ന അത് ചെയ്യാൻ പറ്റാനും പാടില്ല ചെന്നാൽ അത് ബ്രഹ്മഹത്യാ ഭാവമാണ് പ്രായച്ചത്വമൊന്നുമില്ല അമിഹിത ശരീരവിയോഗം വിധിക്കാത്ത ശരീരവിയോഗ കരണം വെച്ച കൊല അതിനെ കുറിച്ച് പറയുന്നു അപ്പൊ വിധിച്ച കൊല എന്ന് പറയുന്നത് ഏതാണോ പശു ആനുക മൃഗങ്ങളെ കൊല്ലുക ഇവിടെ യാഗത്തിൽ വളരെ വ്യക്തമായി ഒരു സ്ഥലത്തില്ല എത്രയോ സ്ഥലത്ത് പറയുന്നു എന്നിട്ടാണ് ദയാനന്ദ സരസ്വതി വായിച്ചു പിടിക്കുന്നത് എന്നിട്ടാണ് അതിന് ശാസ്ത്രീയം പറയുന്നത് അവന് പറയുന്നുണ്ട് വേദത്തിൽ ആർക്ക് വായിച്ചാലും മനസ്സിലാവും മൃഗങ്ങളെ കൊല്ലണം മൃഗങ്ങളെ ബലി കൊടുക്കണം അപ്പൊ പല സമാധാനവും വ്യാഖ്യാനവും പറയുന്നു ഇതിന ഒരു തരത്തിൽ മനസ്സിലാക്കാം ഉത്സർഗ്ഗ അപവാദ അതി പറഞ്ഞ സാമാന്യ വിദ്യ കൊല്ലരുത് മറ്റു വിശേഷം കൊല്ലാൻ പറഞ്ഞ് വിശേഷം യാഗത്തിൽ കൊല്ലാൻ പറഞ്ഞത് വിശേഷം അപ്പോൾ സാമാന്യ വിദ്യയിൽ അവിടെ ഇരിക്കും അതങ്ങനെ ഇരിക്കുക തന്നെ വിശേഷ രീതിയിൽ നടപ്പിലാവും അതുകൊണ്ട് എന്താവണം യാഗത്തിലല്ലാതെ വേറെടുത്തും കൊല്ലാൻ പാടില്ല അത് യാഗത്തിന്റെ കാര്യം പിന്നെ യുദ്ധത്തിലൊക്കെ യുദ്ധത്തിന് ക്ഷത്രിയനും യുദ്ധത്തിന് കൊല്ലാം എന്ന് വിധിയുണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ കൊല്ലാം അതിന് വിധിയുണ്ട് അപ്പൊ ശാസ്ത്രവിധി അനുസരിച്ചിട്ടാണ് അത് മാത്രമല്ല ഇവിടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുക എന്താണ് ഈ കൊല്ലുക എന്ന് പറയുന്നത് അർജുനന്റെ സ്വധർമ്മമാണ് അത് ചെയ്യാതിരിക്കാന്നുള്ളതല്ല ചെയ്തേ തീരും അതിന് പിന്മാറാൻ പാടില്ല കൊല്ലം എന്നുള്ളതാണ് അവിടെ പറയുന്നത് അത് വളരെ സിമ്പിളായ കാര്യമാണ് എന്താണ് ആത്മാവിൽ നിന്നും ശരീരത്തെ വേർപെടുത്തുക നമ്മൾ ഈ കപ്പയൊക്കെ തൊലിക്കുന്നു അതിൻ്റെ തോടങ്ങളൊക്കെ കളയുക കപ്പ അങ്ങനെ വെളുത്തിരിക്കുക അതുപോലെ ആത്മാവിൽ നിന്ന് ശരീരത്തെ ഇങ്ങനെ അങ്ങനെ മാറ്റിക്കളയുക ആത്മാവ് അങ്ങനെ ഒരു ഒരു കേടയുണ്ടാകും ഇത്ര നിസ്സാരമായ കാര്യമാണ് അപ്പൊ അതിനെന്തിനാ ദുഃഖിക്കുന്നത് അതിനെ കുറിച്ച് എന്തിനാ അത് അങ്ങനെ രീതിയിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത് വേറെ സിമ്പിളായ ഒരു കാര്യം പിന്നെ അത് ഇത്രേ ഉള്ളൂ ആരെങ്കിലും വന്ന് നമ്മുടെ ശരീരത്തെ ആത്മാവ് വേർപെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അയ്യോ അയ്യോന്ന് നടന്ന് വിളിക്കുന്നത് കാല് പിടിക്കുന്നു അങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നു നമ്മുടെ ശരീരത്തെ വേടിപ്പിക്കുന്ന കാര്യം എന്താ പറയുന്നു ആരെങ്കിലും കൊല്ലുന്ന കാര്യങ്ങൾ അതിന് നിങ്ങളെന്തിനാ വിഷമിക്കും ആരെങ്കിലും ആരെങ്കിലും കൊല്ലട്ടെ യാദത്തിന്റെ എത്രയോ മൃഗങ്ങളെ കൊല്ലട്ടെ അതെന്ത് അവരുടെ ശരീരത്തിന്റെ യാത്ര നിങ്ങൾ വേർപ്പെടുത്തുന്ന അതിനെന്തിനാ ദുഃഖിക്കുന്നത് ദുഃഖിക്കുന്ന കാര്യം ഇല്ലെന്നാണ് അപോന അതുമാത്രമല്ല ഇവിടെ പറയുന്നത് പശു ശത്രു പ്രഭൃതി നാമ വിഹിതമർച്ചയെന്ന് ഖാതാവ് പറയാം അതിനി വീണ്ടും ആവട്ടെ ഈ കൊല്ലുക എന്ന് പറയുന്നത് ശാസ്ത്രം വിധിച്ച കൊലയാണ് അത് ഈ കൊല്ലുന്നവന് മാത്രമല്ല എന്റെ നേട്ടം ചാകുന്നവനും അതിന്റെ നേട്ടം ഉണ്ടെന്നു അല്ല കൊല്ലുന്നവന് മാത്ര ഗുണം ഇവിടെ അറിഞ്ഞോട് പറയുന്ന കൊന്നുകഴിഞ്ഞാൽ അതിനെ കന്തു കിട്ടും എല്ലാ സ്വഭാവങ്ങളും അനുഭവിക്കുക മരിച്ചതിന് ശേഷം ചത്തുപോയാൽ സ്വർഗത്തും പോകാം അപ്പോ എന്തായാലും കൊല്ലുന്നവനും നേട്ടമാണ് രാജ്യം കിട്ടും മരിക്കുന്നവനോ അവനും നേട്ടമാണ് മരിക്കുന്നവനെന്താണോ പറഞ്ഞു നേരത്തെ രാമാനുജന്റെ അവന്റെ ജീർണിച്ച ശരീരമൊക്കെ കളഞ്ഞിട്ടവര് സ്വർഗത്ത് പോയി നല്ല പുത്തൻ ഉടുക്കട അതവന്റെ നേട്ടം പിന്നെ മൃഗങ്ങളെ കഴിഞ്ഞു അത് രാമാനുചാരിക്ക് അടുത്ത് വേദമന്ത്രങ്ങൾ തന്നെ ഉദ്ധരിച്ചിരിക്കും ഈ യാഗത്തിൽ പിന്നെ കൊല്ലുന്ന ഈ ഹാടും കുത്തിരിയൊക്കെ ഇവരെല്ലാം അവിടെ ഈ പരിപാടി അവരെ കൊന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും സ്വർഗത്ത് പോവുകയാണ് അവർക്കും പ്രയാസമില്ല അവർക്ക് സ്വർഗ്ഗം കിട്ടുകയാണ് ഇത് ആരും പറയും വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളതിനെ വിളിച്ച് ചിന്തിക്കുക വേണ്ട ഹിംസ എന്നുള്ള ഒരു പാപമേ അല്ല കാരണം എല്ലാവരും സ്വർഗത്തേക്ക് ഇങ്ങനെയുണ്ട് അപ്പൊ പിന്നെ എന്തിനു ദുഃഖിക്കണം എന്നൂടെയും പറയുന്നു അവർക്കും ഹിതത്തമമാണ് എന്നാണ് അതുകൊണ്ട് അതിന് ഹിംസയാണ് വിളിക്കാൻ പാടില്ല യുദ്ധത്തിന് ശത്രുക്കളോ കൊല്ലുന്നതോ യാഗത്തിന് മൃഗങ്ങളോ കൊല്ലുന്നു ഹിംസ്പോ ഇന്നത്തെ ആധുനിക വേഖ്യാതാക്കള് പറയുന്നത് ശരിയാവും എന്താണോ ഹിംസ ഇല്ല ഗീതയില് ഹിംസയില്ല എന്ന് പറയുന്നത് ശരിയാവും ആനന്ദ കുട്ടന്മാർക്കെല്ലാം സന്തോഷിക്കാം ഇവിടെയാണ് എന്ന് കൊന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം സ്വർഗം കിട്ടുന്നവരെ അഹിസ രണ്ടു കൊത്തുപോകുന്നു അതുകൊണ്ട് പറയുന്നു നഹിശാസൂദാനി ഒന്നിനെ കൊല്ലത്ത് ബ്രാഹ്മണോലഹത്തിന്റെ വ്യക്തി അധിക ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളല്ല അമിഹിതശൈലിന്റെ ഉപയോഗക്കരണം ശാസ്ത്രം വിധിക്കാത്ത ഈസയെക്കുറിച്ച് പറയുകയാണ് ഞാൻ ശാസ്ത്രം ധരിച്ചിട്ടില്ല ശാസ്ത്രം വിധിച്ച് അനുഷ്ഠിക്കാം അതുകൊണ്ട് ഇവിടെ യുദ്ധം എന്ന് പറയുന്ന അറിഞ്ഞ സ്വഭമാണ് അർജുനന് കൊല്ലാതെ കൊന്നുകഴിഞ്ഞാൽ ശരീരമേ നശിക്കത്തുള്ളൂ നശിച്ചാലും മരിക്കുന്നവർക്കൊരു നഷ്ടമില്ല അവരെല്ലാം സ്വർഗത്ത് പോകും ആത്മാവ് നിത്യമായിരിക്കും ഇവിടെ പ്രധാനമായും ആത്മാവിന്റെ നിത്യത്വമാണ് നിത്യത്വത്തെയാണ് ബോധിപ്പിക്കുന്നത് അല്ല അതെ ആത്മാവിന്റെ അകർത്തൃത്വത്തെ അല്ല ആത്മാവ് കർത്താവാണ് ഇതാണ് രാമായുരാജാരുടെ ഇവിടെ പറയാനുള്ളത്